ഴ്ച്ച തുടങ്ങിയപ്പോൾ അവന് ഏഴുവയസ്സായിരുന്നു അവൻ നാൽപ്പത് സംവത്സരം എരുശലേമിൽ വാണു ബർഷേവക്കാരിയായ അവന്റെ അമ്മയ്ക്ക് സിബിയ എന്നു പേർ യഹോയാദ പുരോഹിതന്റെ ആയിഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു യഹോയാദ അവന് രണ്ട് ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അനന്തരം യോവാസ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി അവരോട് യഹൂദ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിന്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രയേലിലും നിന്ന് ദ്രവ്യം ശേഖരിപ്പി ഈ കാര്യം വേഗം നിവർത്തിക്കണമെന്ന് കൽപ്പിച്ചു ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല ആകയാൽ രാജാവ് തലവനായ യഹോയാദയെ വിളിപ്പിച്ച അവനോട് സാക്ഷിക്കൂടാരത്തിന് യഹോയയുടെ ദാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്നും യെരുഷലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രയേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത് ദുഷ്ടസ്ത്രീയായ അഥല്യയുടെ പുത്രന്മാർ ദൈവാലയം പൊളിച്ചു കളഞ്ഞു യഹോവയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രാജകൽപ്പനപ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി യഹോവയുടെ ആലയത്തിന്റെ വാതുക്കൽ പുറത്തുവച്ചു ദൈവത്തിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രയേലിന്മേൽ ചുമത്തിയ പിരിവ് യഹോവയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും എരിശിലേമിലും പരസ്യം ചെയ്തു സകല പ്രഭുക്കന്മാരും സർവജനവും സന്തോഷിച്ചു കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിൽ ഇട്ടു ലേവ്യർ പെട്ടകമെടുത്ത് രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിന്റെ രാജസക്കാരനും മഹാപുരോഹിതന്റെ കാര്യസ്ഥനും വന്ന് പെട്ടകമൊഴുക്കിയും പിന്നെയുമെടുത്ത് അതിന്റെ സ്ഥലത്ത് കൊണ്ടു ചെന്ന് വയ്ക്കുകയും ചെയ്യും ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്തു ബഹുദ്രവ്യം ശേഖരിച്ചു രാജാവും യഹോയാദയും അത് യഹോവയുടെ ആലയത്തിൽ വേല ചെയ്യിക്കുന്നവർക്ക് കൊടുത്തു അവർ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ കൽപ്പണിക്കാരെയും ആശാരികളെയും യഹോവയുടെ ആലയം കേടുപോക്കുവാൻ ഇരുമ്പും താമ്രവും കൊണ്ട് പണി ചെയ്യുന്നവരെയും കൂലിക്കു വച്ചു അങ്ങനെ പണിക്കാർ വേല ചെയ്ത് അറ്റകുറ്റം തീർത്ത് ദൈവാലയം യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ചു പണി തീർത്തിട്ട് ശേഷിച്ച ദ്രവ്യം അവർ രാജാവിന്റെയും യഹോയാതയുടെയും മുമ്പിൽ കൊണ്ടുവന്നു അവർ അതുകൊണ്ട് യഹോവയുടെ ആലയം വകയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കി ഉപകരണങ്ങളും തവികളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളും തന്നെ അവർ യഹോയാതയുടെ കാലത്തൊക്കെയും ഇടവിടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു യഹോയാത വയോധികനും മരിച്ചു മരിക്കുമ്പോൾ അവന് നൂറ്റിമുപ്പത് വയസ്സായിരുന്നു അവൻ ഇസ്രയേലിൽ ദൈവത്തിന്റെയും അവന്റെ ആലയത്തിന്റെയും കാര്യത്തിൽ നന്മ ചെയ്തിരിക്ക അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി രാജാവ് അവരുടെ വാക്കുകേട്ടു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും എരുസലേമിൽ മേലും കോപം വന്നു അവരെ യഹോവിയങ്കിലേക്ക് തിരിച്ചുവരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു അവർ അവരോട് സാക്ഷീകരിച്ചു എങ്കിലും അവർ ചെവി കൊടുത്തില്ല എന്നാറെ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദ പുരോഹിതന്റെ മകനായ സഖരിയാവിന്റെ മേൽ വന്നു അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത് നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അവർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പനപ്രകാരം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു അങ്ങനെ യോവാസ് രാജാവ് അവന്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു ആണ്ട് കഴിഞ്ഞപ്പോൾ അരാമ്യസൈന്യം അവന്റെ നേരെ പുറപ്പെട്ടു അവർ യഹൂദിയിലും എരുശലേമിലും വന്ന് ജനത്തിന്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ളയൊക്കെയും ഡമ്മേശക് രാജാവിന് കൊടുത്തയച്ചു മ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി അവർ വിട്ടുപോയ ശേഷം മഹാവ്യാധിയാലായിരുന്നു അവനെ വിട്ടച്ചുപോയത് യഹോയാദ പുരോഹിതന്റെ പുത്രന്മാരുടെ രക്തം നിമിത്തം അവന്റെ സ്വന്ത ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കിടക്കയിൽ വെച്ച് കൊന്നുകളഞ്ഞു അങ്ങനെ അവൻ മരിച്ചു അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അടക്കം ചെയ്തില്ല താനും അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരോ അമോന്യസ്ത്രീയായ ഷിമയാത്തിന്റെ മകൻ സാബാദും മോവാബി സ്ത്രീയായ ഷിംറീത്തിന്റെ മകൻ യഹോസാബാദും തന്നെ അവന്റെ പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിന്റെയും ദേവാലയം അറ്റകുറ്റം തീർത്തതിന്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ അവന്റെ മകനായ അമസ്യാവ് അവന് രാജാവായി